യൂണിറ്റ് എയ്റ്റ് ലെസൺ തേർട്ടി ഫോർ ലിസൺ ഉള്ളി സാഹിത്യ സമ്മേളനം ഞാനിത് തുറക്കട്ടെ തുറക്കൂ ഇന്നിത് നാലാമത്തെ നോട്ടീസാണല്ലോ ഇത് നോട്ടീസല്ല കേരള സമാജത്തിൽ നിന്ന് സാറിനൊരു ഫോൺ കോൾ ഉണ്ട് സമാജം സെക്രട്ടറി സാറിനെ വിളിക്കുന്നു ഞാനിതാ വരുന്നു നിങ്ങൾ വലിയ ഒച്ചയൊന്നും എടുക്കരുത് അടുത്ത മുറികളിൽ ക്ലാസ് ഉണ്ട് നിങ്ങളോടൊരു സന്തോഷ വർത്തമാനം പറയാനുണ്ട് എന്താണ് സാർ നാളെ അവധിയാണോ പ്പോൾ അവധിക്കാര്യം മാത്രമാണോ നിങ്ങൾക്ക് സന്തോഷകരം അല്ല എന്നാൽ കേൾക്കൂ അടുത്ത പതിനഞ്ചാം തീയതി മുതൽ ഒരാഴ്ചത്തേക്ക് ഇവിടത്തെ സർവകലാശാല വളപ്പിൽ വച്ച് ഒരു അഖില ഭാരത സാഹിത്യ സമ്മേളനം നടക്കാൻ പോകുന്നു അതിന് പല ഭാഷകളിലെ എഴുത്തുകാരും വരുന്നു കേരളത്തിൽ നിന്ന് ആരൊക്കെ വരുന്നുണ്ട് എനിക്കറിയില്ല മൂന്നോ നാലോ മലയാളം എഴുത്തുകാർ വരുന്നുണ്ടത്രേ സാർ ഞങ്ങൾക്കും അവരെയൊക്കെ ഒന്ന് കാണണം അവരുടെ പ്രസംഗം കേൾക്കണം അവരോട് സംസാരിക്കണം അവരെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട്ട് ക്ഷണിക്കണം അതിനവർക്ക് സമയം കാണണ്ടേ എങ്ങനെയെങ്കിലും അവരെ വരുത്തണം സാർ നിങ്ങൾക്ക് ആ സമ്മേളനത്തിന് പോണ്ടേ പിന്നെ പക്ഷേ അതിന് പാസ് വേണ്ടേ പിന്നെ പ്രിൻസിപ്പാളുടെ സമ്മതവും കിട്ടണമല്ലോ അത് സാരമില്ല അതിനെ പറ്റിയൊന്നും നിങ്ങൾ വിഷമിക്കണ്ട ഇതും നിങ്ങളുടെ പഠന പരിപാടിയുടെ ഒരു ഭാഗം തന്നെ നമുക്കൊരുമിച്ച് പോകാം പക്ഷെ ആരും സമയത്തിനെത്താൻ മറക്കരുത് ലിസൺ ആൻഡ് റിപ്പീറ്റ് സാർ ആരോ വാതിലിൽ മുട്ടുന്നു സാർ ആരോ വാതിലിൽ മുട്ടുന്നു ഞാനത് തുറക്കട്ടെ ഞാനത് തുറക്കട്ടെ തുറക്കൂ തുറക്കൂ ഇന്നിത് നാലാമത്തെ നോട്ടീസ് ആണല്ലോ ഇന്ന് ഇത് നാലാമത്തെ നോട്ടീസ് ആണല്ലോ ഇത് നോട്ടീസ് അല്ല ഇത് നോട്ടീസ് അല്ല കേരള സമാജത്തിൽ നിന്ന് സാറിന് ഒരു ഫോൺ കാർഡുണ്ട് കേരള സമാജത്തിൽ നിന്ന് സാറിന് ഒരു ഫോൺ കാഡ് ഉണ്ട് സമാജം സെക്രട്ടറി സാറിനെ വിളിക്കുന്നു സമാജം സെക്രട്ടറി സാറിനെ വിളിക്കുന്നു ഞാൻ ഇതാ വരുന്നു ഞാൻ ഇതാ വരുന്നു നിങ്ങൾ വലിയ ഒച്ചയൊന്നും എടുക്കരുത് നിങ്ങൾ വലിയ ഉച്ചയെന്ന് എടുക്കരുത് അടുത്ത മുറികളിൽ ക്ലാസ് ഉണ്ട് അടുത്ത മുറികളിൽ ക്ലാസ് ഉണ്ട് നിങ്ങളോട് ഒരു സന്തോഷ വർത്തമാനം പറയാനുണ്ട് നിങ്ങളോട് ഒരു സന്തോഷ വർത്തമാനം പറയാനുണ്ട് എന്താണ് സാർ നാളെ അവധിയാണോ എന്താണ് സാർ നാളെ അവധിയാണോ അല്ല അപ്പോൾ അവധിക്കാര്യം മാത്രമാണോ നിങ്ങൾക്ക് സന്തോഷകരം അല്ല അപ്പോൾ അവധിക്കാരി മാത്രമാണോ നിങ്ങൾക്ക് സന്തോഷകരം അല്ല അല്ല എന്നാൽ കേൾക്കൂ എന്നാൽ കേൾക്കൂ അടുത്ത പതിനഞ്ചാം തീയതി മുതൽ അടുത്ത പതിനഞ്ചാം തീയതി മുതൽ ഒരാഴ്ചത്തേക്ക് ഇവിടത്തെ സർവകലാശാല വളപ്പിൽ വച്ച് ഒരാഴ്ചത്തേക്ക് ഇവിടത്തെ സർവകലാശാല വളപ്പിൽ വച്ച് ഒരു അഖില ഭാരത സാഹിത്യ സമ്മേളനം നടക്കാൻ പോകുന്നു ഒരു അഖില ഭാരത സാഹിത്യ സമ്മേളനം നടക്കാൻ പോകുന്നു അതിന് പല ഭാഷകളിലെ എഴുത്തുകാരും വരുന്നു അതിന് പല ഭാഷകളിലെ എഴുത്തുകാരും വരുന്നു കേരളത്തിൽ നിന്ന് ആരൊക്കെ വരുന്നുണ്ട് കേരളത്തിൽ നിന്ന് ആരൊക്കെ വരുന്നുണ്ട് എനിക്കറിയില്ല എനിക്കറിയില്ല மூனோ நாலோ மலையாளம் எழுத்தே மூனோ நாலோ மலையாளம் எழுத்தார் வார் ஞான സാർ ഞങ്ങൾക്കും അവരെയൊക്കെ ഒന്ന് കാണണം അവരുടെ പ്രസംഗം കേൾക്കണം അവരുടെ പ്രസംഗം കേൾക്കണം അവരോട് സംസാരിക്കണം അവരോട് സംസാരിക്കണം അവരെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് ക്ഷണിക്കണം അവരെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് ക്ഷണിക്കണം അതിനവർക്ക് സമയം കാണണ്ടേ അതിനവർക്ക് സമയം കാണണ്ട് എങ്ങനെയെങ്കിലും അവരെ വരുത്തണം സാർ എങ്ങനെയെങ്കിലും അവരെ വരുത്തണം സാർ നിങ്ങൾക്ക് ആ സമ്മേളനത്തിന് പോണ്ടേ നിങ്ങൾക്ക് ആ സമ്മേളനത്തിന് പോണ്ടേ പിന്നെ പക്ഷെ അതിന് പാസ് വേണ്ടേ പിന്നെ പക്ഷെ അതിന് പാസ് വേണ്ടേ പിന്നെ പ്രിൻസിപ്പാളുടെ സമ്മതവും കിട്ടണമല്ലോ പിന്നെ പ്രിൻസിപ്പാളുടെ സമ്മതവും കിട്ടണമല്ലോ അത് സാരമില്ല കണ്ടിന്യൂ അത് സാരമില്ല അത് സാരമില്ല അതിനെ പറ്റിയൊന്നും നിങ്ങൾ വിഷമിക്കണ്ട ഒന്നും നിങ്ങൾ വിഷമിക്കണ്ട ഇതും നിങ്ങളുടെ പഠന പരിപാടിയുടെ ഒരു ഭാഗം തന്നെ ഇതും നിങ്ങളുടെ പഠന പരിപാടിയുടെ ഒരു ഭാഗം തന്നെ നമുക്കൊരുമിച്ച് പോകാം നമുക്കൊരുമിച്ച് പോകാം പക്ഷെ ആരും സമയത്തിനെത്താൻ മറക്കരുത് പക്ഷേ ആരും സമയത്തിനെത്താൻ മറക്കരുത്